എന്ത് വേണം കാപ്പിയോ ചായയോ ലി ഇവിടെ മുറി ഒഴിവുണ്ടോ ഉണ്ടല്ലോ സാറിന് ഏത് തരം മുറി വേണം സിംഗിൾ റൂം വേണോ ഡബിൾ റൂം വേണോ തൽക്കാലം സിംഗിൾ മതി ഞാൻ തനിച്ചാണ് കുളിമുറിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ മുറിക്കടുത്ത് തന്നെ ഉണ്ടോ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രാവിലെ കാപ്പിയും ചായയും ഒക്കെ ഉണ്ടോ ഉണ്ട് സാറിന് എന്നും കാലത്ത് എന്തുവേണം ഒന്നും വേണ്ട ഒന്നും വേണ്ട പിന്നെ അത് രാവിലെ എനിക്കൊന്നും വേണ്ട ബെഡ് കോഫി പതിവില്ല പക്ഷേ ഒരെട്ട് മണിക്ക് പാലും പലഹാരവും വേണം ശരി രാവിലത്തെ പലഹാരത്തിന് ഇവിടെ എന്തൊക്കെയുണ്ട് സാധാരണ പലഹാരങ്ങളൊക്കെ ഉണ്ട് ഇഡലി ദോശ പൂരി ഉപ്പുമാവ് പിന്നെ മലയാളികളുടെ സ്പെഷ്യൽ പുട്ടും എനിക്ക് എണ്ണ അധികം ഇഷ്ടമില്ല അതുകൊണ്ട് പൂരിയും ദോശയും ഒന്നും വേണ്ട ഇഡലിയോ പുട്ടോ മതി ഉച്ചയ്ക്ക് ചോറും കറികളും മാത്രം മതിയോ മതി സാധാരണ എന്തൊക്കെയാണ് ഇവിടത്തെ കറികൾ മലയാളികളുടെ കറികളോ പരിപ്പ് സാമ്പാർ രസം അവിയൽ തീയൽ മുഴുക്കുപുരട്ടി തോരൻ പുളിശ്ശേരി അങ്ങനെ പലതുമുണ്ട് മതി മതി ധാരാളം മതി അതിന്റെ കൂടെ ഉപ്പേരിയും ഉപ്പിലിടും പപ്പടവും തൈരും നെയ്യും മോരുമെല്ലാം എന്നും വളരെ നല്ലത് പക്ഷേ അത്താഴത്തിനും ചോറും കറികളും മാത്രമാണോ അതെ എന്താ അത് പോരെ പോരാ എനിക്കത് പോരാ പിന്നെന്ത് വേണം സാർ ചപ്പാത്തി രാത്രി എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ ചപ്പാത്തി ഇല്ലല്ലോ സാർ ആ നാല് മൂക്കിൽ ഒരു ഹോട്ടലുണ്ട് പേരെ കാമധേനു അവിടെ ഉത്തരേന്ത്യൻ ആഹാരമൊക്കെ ഉണ്ട് ിസൺ ആൻഡ് റിപ്പീറ്റ് ഇവിടെ മുറി ഒഴിവുണ്ടോ ഇവിടെ മുറി ഒഴിവുണ്ടോ ഉണ്ടല്ലോ സാറിന് ഏത് തരം മുറി വേണം ഉണ്ടല്ലോ സാറിന് ഏതുതരം മുറി വേണം ൾ റൂം വേണോ ഡബിൾ റൂം വേണോ സിംഗിൾ റൂം വേണോ ഡബിൾ റൂം വേണോ തൽക്കാലം സിംഗിൾ മതി ഞാൻ തനിച്ചാണോ തൽക്കാലം സിംഗിൾ മതി ഞാൻ തനിച്ചാണ് അത് ശരി അത് ശരി കുളിമുറിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ മുറിക്കെടുത്ത് തന്നെ ഉണ്ടോ കുളിമുറിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ മുറിക്കെടുത്ത് തന്നെ ഉണ്ടോ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് രാവിലെ കാപ്പിയും ചായയും ഒക്കെ ഉണ്ടോ അത് രാവിലെ കാപ്പിയും ചായയും ഒക്കെ ഉണ്ടോ ഉണ്ട് സാറിന് എന്നും കാലത്ത് എന്തു വേണം എന്നും കാലത്ത് എന്തു വേണം കാപ്പിയോ ചായയോ കാ ചായയോ എനിക്കോ എനിക്ക് ഒന്നും വേണ്ട എനിക്കോ എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ടേ പിന്നെ ഒന്നും വേണ്ടേ പിന്നെ അത് രാവിലെ എനിക്ക് ഒന്നും വേണ്ട അത് രാവിലെ എനിക്കൊന്നും വേണ്ട ബെഡ് കോഫി പതിവില്ല െഡ് കോഫി പതിവില്ല പക്ഷേ ഒരു എട്ട് മണിക്ക് പാലും പലഹാരവും വേണം പക്ഷേ ഒരു എട്ട് മണിക്ക് പാലും പലഹാരവും വേണം ശരി ശരി രാവിലത്തെ പലഹാരത്തിന് ഇവിടെ എന്തൊക്കെയുണ്ട് രാവിലത്തെ പലഹാരത്തിന് ഇവിടെ എന്തൊക്കെയുണ്ട് സാധാരണ പലഹാരങ്ങളൊക്കെ ഉണ്ട് ഇഡ്ഡലി ദോശ പൂരി ഉപ്പുമാവ് பலஹாரங்களு இட்லி தோச பூரி உப்பு மாவு பின்ன மலையாளிகள புட்டும் உண்டு மலையாளிகளும் உண்டு எண்ண அதிக்கம் இஷ்டமில்ல എനിക്ക് എണ്ണ അധികം ഇഷ്ടമില്ല അതുകൊണ്ട് പൂരിയും ദോശയും ഒന്നും വേണ്ട അതുകൊണ്ട് പൂരിയും ദോശയും ഒന്നും വേണ്ട ഇഡലിയോ പുട്ടോ മതി ഇഡലിയോ പുട്ടോ മതി ഉച്ചക്ക് ചോറും കറികളും മാത്രം മതിയോ ഉച്ചക്ക് ചോറും കറികളും മാത്രം മതിയോ മതി സാധാരണ എന്തൊക്കെയാണ് ഇവിടത്തെ കറികൾ ാണ് ഇവിടത്തെ കറികൾ മലയാളികളുടെ കറികളോ മലയാളികളുടെ കറികളോ പരിപ്പ് സാമ്പാർ രസം അവിയൽ തീയൽ മുഴുക്കുപുരട്ടി തോരൻ പുളിശ്ശേരി ഇങ്ങനെ പലതും പരിപ്പ് സാമ്പാർ രസം അവിയൽ തീയൽ മിഴുക്കുപുരട്ടി തോരൻ പുളിശ്ശേരി ഇങ്ങനെ പലതും ഉണ്ട് മതിമതി ധാരാളം മതി മതിമതി ധാരാളം മതി അതിന്റെ കൂടെ ഉപ്പേരിയും ഉപ്പിലിടും പപ്പടവും തൈരും നെയ്യും മോരുമെല്ലാം എന്നും അതിന്റെ കൂടെ ഉപ്പേരിയും ഉപ്പിലിടും പപ്പടവും തൈരും നെയ്യും മോരുമെല്ലാം എന്നും ഉണ്ട് വളരെ നല്ലത് പക്ഷേ അത്താഴത്തിനും ചോറും കറികളും മാത്രമാണോ വളരെ നല്ലത് പക്ഷേ അത്താഴത്തിനും ചോറും കറികളും മാത്രമാണോ അതെ എന്താ അതുപോലെ അതെ എന്താ അതുപോരേ പോരാ എനിക്കത് പോരാ പോരാ എനിക്കത് പോരാ പിന്നെന്ത് വേണം സാർ പിന്നെന്ത് വേണം സാർ ചപ്പാത്തി രാത്രി എനിക്ക് ചപ്പാത്തിയാണിഷ്ടം ചപ്പാത്തി രാത്രി എനിക്ക് ചപ്പാത്തിയാണിഷ്ടം പക്ഷേ ഇവിടെ ചപ്പാത്തി ഇല്ലല്ലോ സാർ പക്ഷെ ഇവിടെ ചപ്പാത്തി ഇല്ലല്ലോ സാർ ആ നാല് മുക്കിൽ ഒരു ഹോട്ടൽ ഉണ്ട് ആ നാല് ഒരു ഹോട്ടൽ ഉണ്ട് പേര് കാമധേനു അവിടെ ഉത്തരേന്ത്യൻ ആഹാരമൊക്കെ ഉണ്ട് അവിടെ ഉത്തരേന്ത്യൻ ആഹാരമൊക്കെ ഉണ്ട് ഡ്രിൽസ് റെപറ്റേഷൻ ഡ്രിൽ എനിക്ക് നല്ല ഒരു മുറി വേണം എനിക്ക് നല്ല മുറി വേണം മധുവിന് രാവിലെ ചായ വേണം മധുവിന് രാവിലെ ചായ വേണം അവർക്ക് ലൈബ്രറിയും പുസ്തകങ്ങളും വേണം അവർക്ക് ലൈബ്രറിയും പുസ്തകങ്ങളും വേണം അയാൾക്ക് മലയാളികളുടെ ആഹാരം വേണ്ട അയാൾക്ക് മലയാളികളുടെ ആഹാരം വേണ്ട സാഹുന് ഉച്ചക്ക് ചപ്പാത്തി വേണ്ട സാഹുവിന് ഉച്ചക്ക് ചപ്പാത്തി വേണ്ട എന്റെ കൂട്ടുകാരന് ആ വാടക വീട് വേണ്ട എന്റെ കൂട്ടുകാരന് ആ വാടക വീട് വേണ്ട എനിക്ക് രാവിലെ ഇഡലി മതി എനിക്ക് രാവിലെ ഇഡലി മതി രാധയ്ക്ക് ഒരു ചെറിയ വീട് മതി രാധയ്ക്ക് ഒരു ചെറിയ വീട് മതി മോൾക്ക് ഊണിന് പരിപ്പും നെയ്യും മതി എന്റെ മോൾക്ക് ഊണിന് പരിപ്പും നെയ്യും മതി അൻപത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ പോരാ അൻപത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ പോരാ രഘുവിന് സർക്കാർ ജോലി മാത്രം പോരാ സർക്കാർ ജോലി മാത്രം എനിക്ക് ഊണിന ഒരു കറി മാത്രം പോരാ എനിക്ക് ഊണിന് ഒരു കറി മാത്രം പോരാ നിങ്ങൾക്ക് ഈ പുസ്തകം വേണോ നിങ്ങൾക്ക് ഈ പുസ്തകം വേണോ ഉച്ചയ്ക്ക് ആർക്കും ഊണ് വേണ്ടേ ഉച്ചയ്ക്ക് ആർക്കും ഊണ് വേണ്ടേ നിങ്ങൾക്ക് ഈ പുസ്തകം നാളെ മതിയോ നിങ്ങൾക്ക് ഈ പുസ്തകം നാളെ മതിയോ അത്താഴത്തിന് ചപ്പാത്തി മാത്രം പോരെ അത്താഴത്തിന് ചപ്പാത്തി മാത്രം പോരെ എനിക്ക് പാലോ ചായയോ മതി എനിക്ക് പാലോ ചായയോ മതി അദ്ദേഹത്തിന് ചോറോ ചപ്പാത്തിയോ പോരെ അദ്ദേഹത്തിന് ചോറോ ചാത്തിയോ പോരെ എനിക്ക് വീടോ മുറിയോ ഒന്നും വേണ്ട ബിൽഡ് ഡ്രിൽ മോഡൽ വേണോ വേണോ ചപ്പാത്തി ചാത്തി വേണോ ചാത്തി വേണോ ചപ്പാത്തി വേണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ചപ്പാത്തി വേണോ നൗ ഫോളോ ദോഡൽ മതിയോ മതിയോട്ടോ ഫോട്ടോ മതിയോ ചെറിയ ചെറിയ ഫോട്ടോ മതിയോ ഇത്ര ഇത്ര ചെറിയ ഫോട്ടോ മതിയോ വേണ്ടേ വേണ്ടേ വിജ്ഞാനകോശങ്ങളും വിജ്ഞാന കോശങ്ങളും വേണ്ടേ നിഖണ്ടുക്കളും നിഖണ്ടുക്കളും വിജ്ഞാന കോശങ്ങളും വേണ്ടേ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നിഘണ്ടുക്കളും വിജ്ഞാന കോശങ്ങളും വേണ്ടേ പോരെ അവധി അവധി പോരെ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ അവധി പോരെ ഓണത്തിന് ഓണത്തിന് മൂന്ന് ദിവസത്തെ അവധി പോരെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ എനിക്ക് രാവിലെ പലഹാരത്തിന് ദോശ വേണം ഇഡലി എനിക്ക് രാവിലെ പലഹാരത്തിന് ഇഡലി വേണം പൂരി എനിക്ക് രാവിലെ പലഹാരത്തിന് പൂരി വേണം ചപ്പാത്തി എനിക്ക് രാവിലെ പലഹാരത്തിന് ചപ്പാത്തി വേണം പുട്ട് എനിക്ക് രാവിലെ പലഹാരത്തിന് പുട്ട് വേണം ഉച്ചയ്ക്ക് ഊണിന് ചോറും സാമ്പാറും മതി അവിയലും ഉച്ചയ്ക്ക് ഊണിന് ചോറും അവിയലും മതി പുളിശ്ശേരിയും ഉച്ചയ്ക്ക് ഊണിന് ചോറും പുളിശ്ശേരിയും മതി തോരനും ഉച്ചക്ക് ഊണിന ചോറും തോരനും മതി ഉപ്പിലിടും ഉച്ചക്ക് ഊണിന് ചോറും ഉപ്പിലിടും മതി തൈരും ഉച്ചയ്ക്ക് ഊണിന് ചോറും തൈരും മതി നെയ്യും ഉച്ചയ്ക്ക് ഊണിന് ചോറും നെയ്യും മതി മോരും ഉച്ചയ്ക്ക് ഊണിന് ചോറും മോരും മതി ഞങ്ങൾക്ക് പുതിയ മുറി വേണം വേണ്ട ഞങ്ങൾക്ക് പുതിയ മുറി വേണ്ട മതി ഞങ്ങൾക്ക് പുതിയ മുറി മതി പോരാ ഞങ്ങൾക്ക് പുതിയ മുറി പോരാധക്ക് ഇന്നത്തേക്ക് അവധി വേണം മധുവിന് ഇന്നത്തേക്ക് അവധി വേണം ഗോപി ോപിക്ക് ഇന്നത്തേക്ക് അവധി വേണം കുമാർ കുമാറിന് ഇന്നത്തേക്ക് അവധി വേണം അവൾ അവൾക്ക് ഇന്നത്തേക്ക് അവധി വേണം സരോജം സരോജത്തിന് ഇന്നത്തേക്ക് അവധി വേണം ഡ്രിൽ മോഡൽ വൺ എനിക്ക് ഹോസ്റ്റലിലെ മുറി വേണം എനിക്ക് ഹോസ്റ്റലിലെ മുറി വേണ്ട നൗ ഫോളോ ദോഡൽ ഗ്രാമത്തിലെ വീട് എന്റെ ചേട്ടന് വേണം ഗ്രാമത്തിലെ വീട് എന്റെ ചേട്ടന് വേണ്ട എല്ലാവർക്കും മുറിക്കടുത്ത് കുളിമുറിയും മറ്റു സൗകര്യങ്ങളും വേണം എല്ലാവർക്കും മുറിക്കെടുത്ത് കുളിമുറിയും മറ്റു സൗകര്യങ്ങളും വേണ്ട മോഹനന് ഓണത്തിന് അവധി വേണം മോഹനന് ഓണത്തിന് അവധി വേണ്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വാച്ച് വേണം ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വാച്ച് വേണ്ട മോഡൽ ടു നാരായണിന് ആയിരം രൂപ മതി ാരായണന് ആയിരം രൂപ പോര നൗ ഫോളോ ഊണിന് മലയാളികളുടെ കറികൾ മതി ഊണിന് മലയാളികളുടെ കറികൾ പോര ഇരുപത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ മതി ഇരുപത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ പോരാ നമുക്ക് ചെറിയ വീട് മതി നമുക്ക് ചെറിയ വീട് പോരാ കുട്ടികൾക്ക് ആ ലൈബ്രറി മതി കുട്ടികൾക്ക് ആ ലൈബ്രറി പോരാ